എന്നാൽ തന്റെ അതിക്രമത്തിനു ശേഷം ആരെങ്കിലും പശ്ചാത്തപിക്കുകയും കാര്യങ്ങൾ ശരിയാക്കുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹു സുബാനുഹുവ ചായാല അവന് മാപ്പുനൽകുന്നതാണ് തീർച്ചയായും അള്ളാഹുസുബാനുഹൂവ ചായാല ഏറെപ്പുറക്കുന്നവനും കരുണാനിധിയുമാണ്